അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു നീ എനിക്ക് പുറത്തു കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ നഷ്ടം സംഭവിച്ചവരിൽ ഒരാളാകും